ഈ ഗ്രന്ഥത്തിൽ നിന്ന് നാം നിനക്ക് വെളിപ്പെടുത്തി തന്നത് സത്യമാകുന്നു അതിനു മുൻപുള്ളതിനെ സത്യപ്പെടുത്തുന്നതായും തീർച്ചയായും അള്ളാഹു സുബഹാനുഭൂവ ടെയാല തന്റെ ദാസന്മാരെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകുന്നു